ചില ആളുകൾ അവർക്ക് എന്തൊരു വ്യത്യസ്തമായ കാര്യം കിട്ടിയാലും ഉടനടി അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക ഉടനടി അത് ആൾക്കാർക്കിടയിൽ പ്രകടിപ്പിക്കുക എന്ന സ്വഭാവം കാണാൻ സാധിക്കും ജനങ്ങൾക്ക് വിരുദ്ധമായി തീരുക എന്നതല്ല ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ഇസ്ലാമിലേക്ക് എത്താനും അവനും ജനങ്ങളും ഒരുപോലെ നിൽക്കാനും അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യപ്പെടാനുമാണ് അതല്ലാതെ അവൻ ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനായി മാത്രം മാറുന്നതിന് വേണ്ടിയല്ല ഒരു അഴിബാദത്വം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അവനുണ്ടാവുന്ന ഉറബത്ത് ഉണ്ടാവും അല്ലെ ഇമ്രാഹിം അദ്ദേഹം പറഞ്ഞതായി കാണാം ഉറുബത്ത് എന്നത് അപരിചിതത്വം എന്നത് രണ്ടു രൂപത്തിലുണ്ട് ഒന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് കിട്ടുന്ന കുർബത്ത് രണ്ടു ഒരാൾ അയാളുടെ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഊർബത്ത് ഒന്നൊരാൾ ഇസ്ലാമിൽ ഉറച്ചിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അപരിചിതത്വം രണ്ടാമത്തേത് അയാൾ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലതും ചെയ്തു കൂട്ടുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് ലഭിക്കുന്നതാണ് അത് അള്ളാഹുന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമല്ല ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ഹറാമു ചെയ്താൽ ആൾക്കാർക്കിടയിൽ കുറവത്തുണ്ടാവും ആൾക്കാർക്കിടയിൽ അപരിചിത ഉണ്ടാവും അപ്പം സദാസുരം പറഞ്ഞിട്ടുണ്ട് അപരിചിതക്കു മംഗളം ഉദാഹരണത്തിനൊക്കെ ആദിയാനികൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുർബത്തുള്ള ആൾക്കാരാണ് അവര് ഒരു മനുഷ്യനെ അവരെ കണ്ട അസനാ വിളിക്കുന്നതില്ല തിരിഞ്ഞോക്കുക സംസാരിക്കൂല പല ആൾക്കാരും ചിരിക്കൂല മുസ്ലിംങ്ങൾ പലരും അവരെ കല്യാണത്തിന് വരെ വിളിക്കില്ല മരിച്ചാൽ നിസ്കരിക്കാനും വരെ പോകുന്ന അതിന്റെ അർത്ഥം റസൂൾ പ്രോത്സാഹിപ്പിച്ച റസൂൾ പ്രശംസിച്ച കുറബാക്കൾ അവരാണ് അല്ല നരകത്തിന്റെ അവകാശികളാണ് ആ കൂട്ടർ അവർക്കുണ്ടായിട്ടുള്ള കുറുബത്ത് അള്ളാഹു സുഹാൻ വാലം നൽകിയ ശിക്ഷയാണ് അപ്പോൾ കേവലം അപരിചിതത്വം ഉണ്ടായി എന്നതല്ല ഒരാൾ ഹക്കിലാണ് എന്നതിന്റെ അടയാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ജനങ്ങളുടെ അവസ്ഥകളെ ചില സന്ദർഭങ്ങളിൽ ചില പ്രവർത്തനങ്ങളിൽ പരിഗണിക്കുക എന്നത് നബിസല്ലാഹു അലിഹി വസ്ല്ലം അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങളിൽ ഒന്നാണ് ശരി കാബയുടെ നിർമ്മാണം പൂർത്തിയായി മക്കാർ അവർക്ക് അവസാനമായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്ന് നബിസല്ലാഹു അലിഹു വസ്ല്ലം അറിയിച്ച അത് കാബയിലേക്ക് എടുത്തു വെക്കണം അതിന്റെ സ്ഥാനത്തേക്ക് അത് കൊണ്ടുപോയി വെക്കണം ആരാണ് ഹജു ലോദ് കൊണ്ടുപോയി വയ്ക്കുക അവർക്കിടയിൽ വലിയ തർക്കമായി ചില ആളുകൾ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം പാത്രത്തിലേക്ക് ഉറ്റിക്കുകയും ആ രക്തത്തിൽ കൈമുക്കിക്കൊണ്ട് ശപഥം ചെയ്യുകയും ചെയ്തു ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ ഹറമിൽ യുദ്ധം ചെയ്യും ഇടയിൽ നീണ്ടു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അന്തരീക്ഷത്തിൽ വ്യക്തമായി കാണാൻ തുടങ്ങി ഗോത്രങ്ങൾ പരസ്പരം കരാറുകളിൽ ഏർപ്പെടാൻ തുടങ്ങി ആളുകൾ സംഘം ചേരാൻ തുടങ്ങി അങ്ങനെ അവർക്കിടയിൽ യുദ്ധമല്ലാതെ ഇനിയൊരു പരിഹാരമില്ല എന്ന അവസ്ഥയിലെത്തി നാല് ദിവസത്തോളം ഏതാണ്ട് ആ പ്രശ്നം അവർക്കിടയിൽ കത്തിനിന്നു എന്നാൽ അങ്ങനെ ഇരിക്കെ അവർക്കിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊരു വഴിയുണ്ട് അത് പറഞ്ഞത് നബിസല്ലാഹു അലി ഹുസല്ലമ്മയുടെ ഭാര്യയായ ഉമ്മുസല റതി അള്ളാഹ് അവരുടെ ഉപ്പയായ അബൂമുൾ മോഹിയറയാൻ അബൂഒമ്മൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഈ പ്രശ്നം അത് പരിഹരിക്കുന്നതിനു വേണ്ടി ബാബു ആദ്യം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നയാൾ ആരാണോ അയാളെ ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് നിശ്ചയിക്കാം ബാബു ബനീഷ എന്ന് പറയുന്നത് ഇന്ന് ഹറമിൽ പോയാൽ ബാബു സലാം എന്ന പേരിൽ കാണാൻ സാധിക്കുന്ന ബാബാണ് ബാബു എന്ന പേരിൽ കാണുന്ന വാതിരി അതാണ് ബാബു ബനീഷ ബാബു ബനീഷൈബയിലൂടെ ആരാണോ ആദ്യം നമുക്കിടയിലേക്ക് കയറി അയാൾ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനം നമുക്ക് സ്വീകരിക്കാം അങ്ങനെ ആളുകളെല്ലാം അവിടേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി അപ്പോൾ അവിടേക്ക് അള്ളാഹു സുഹാനം അങ്ങോട്ട് വന്നു കണ്ടപ്പോൾ അവർ പറഞ്ഞു അൽ അമീൻ ഞങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുക എന്നത് ഞങ്ങൾക്ക് തൃപ്തികരമാണ് വഹാദ് മുഹമ്മദ് ഇത് നമ്മുടെ മുഹമ്മദാണ് മുഹമ്മദ് നമുക്കിടയിൽ തീരുമാനമെടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും നമുക്കില്ല അങ്ങനെ അവർ നബിസല്ലാഹ് അലി വസല്ലമയുടെ തീരുമാനത്തിലേക്ക് തിരിച്ചുപോകാൻ തയ്യാറായി അങ്ങനെ റസൂർഹ് അലി വസല്ലം അവിടുന്ന് പ്രശ്നം കേട്ടപ്പോൾ റസൂർ പറഞ്ഞു ഹലും ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു നബിസല്ലാഹ് അലി വസല്ലം തന്റെ കൈകൾ കൊണ്ട് ഹജറു അസുവദെടുത്ത് ആ തുണിയിലേക്ക് എടുത്തു വെച്ചു എന്നിട്ട് മക്കയിലെ ഓരോ ഗോത്രക്കാരെയും അവരുടെ നേതാക്കന്മാരോട് വരാൻ പറഞ്ഞു അവർ ഓരോരുത്തരും ആ തുണിയുടെ ഓരോ ഭാഗങ്ങളായി പിടിച്ചു അങ്ങനെ അവർ ഹജറുൽ അസ്വദ് അത് എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് തുണി കൊണ്ടുപോയി അതോടൊപ്പം ആ കല്ലും അവരെല്ലാവരും ഒരുമിച്ചാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെ ആ സ്ഥാനത്തെത്തിയപ്പോൾ നബിസല്ലാഹു അലി ഹുസല്ലം അത് എടുത്ത് ആ കല്ലെടുത്ത് ഹജറുൽഅസ്വദിന്റെ സ്ഥാനത്തേക്ക് വച്ചു അവർക്കിടയിൽ വർഷങ്ങളോളം നീണ്ടു സാധ്യതയുണ്ടായിരുന്ന ഒരു യുദ്ധമാണ് ബിസലഅലി വസ്ലം അവിടുത്തെ ഹിക്മത്തുള്ള പ്രവർത്തനത്തിലൂടെ അവസാനിപ്പിച്ചത് നമുക്ക് നിങ്ങൾ ഒരു പ്രശ്നമുണ്ടായാൽ അത് എല്ലാവർക്കും തൃപ്തമായ രൂപത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന വലിയ പാഠം ഇതിലുണ്ട് സാധ്യമാകുന്നിടത്തോളം നിഷ്പക്ഷത പാലിക്കാനും എല്ലാവർക്കും തൃപ്തമായ അഭിപ്രായം കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ഹക്കീമായിട്ടുള്ളവൻ യുക്തിയുള്ളവൻ എല്ലാവരെയും ഒരുപോലെ പരിഹരിപ്പിക്കാൻ പറ്റ അത് വലിയ വലിയ നന്മയാണ് ആ നന്മ ഒരാൾക്ക് ലഭിക്കാന്നുള്ളത് ആ ബുദ്ധി ഒരാൾക്ക് ലഭിക്കാന്നുള്ളത് അള്ളാഹു സുഹാനുഭൂവത്തെ ആല ഒരാൾക്ക് നൽകുന്ന നന്മകളിൽ പെട്ടതാണ് ശരി നബിഹു അലി വസ്ല്ലം അവിടുന്നേക്ക് അവിടുത്തേക്ക് മുപ്പത്തഞ്ചു വയസ്സുള്ള സന്ദർഭത്തിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല അള്ളാഹുന്റെ റസുൽ അലി വസ്ല്ലം അവിടുത്തേക്ക് നുബൂവത്ത് ലഭിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് എന്നാൽ ആ നുപൂവത്ത് റസൂൾ ഉള്ളക്ക് ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നുപൂവത്തിന്റെ അടയാളങ്ങൾ അതിന്റെ സൂചനകൾ നബിസാഹു അലഹി വസല്ലമക്ക് നൽകപ്പെട്ടിരുന്നു മാത്രമല്ല ആകാശ ഈ വലിയ സംഭവം ചരിത്രത്തിൽ തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ സംഭവം ഏറ്റവും വലിയ വൃത്താന്തം അത് ഇറങ്ങുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ ആകാശലോകത്ത് വരെ പ്രകടമായി തുടങ്ങിയിരുന്നു അതിൽ പെട്ടതാണ് അവിടത്തേക്ക് വഹി നൽകപ്പെടുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആകാശലോകത്ത് അള്ളാഹു സുഹാന സംരക്ഷണം ശക്തമാക്കി ആകാശലോകത്തിന്റെ സംരക്ഷണം അള്ളാഹു ശക്തമാക്കി ആകാശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇരുന്ന് ജിന്നുകൾ അവർ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നു മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേൾക്കും മലക്കുകൾ എന്താണ് സംസാരിക്കുക അള്ളാഹു സുഭാനൂവ അവർക്ക് അറിയിച്ചു നൽകിയ വിവരങ്ങളാണ് മലക്കുകൾ സംസാരിക്കുക ആ വർഷം ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ കവ അതിന്റെ കദർ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് എന്നത് മലക്കുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും ആ വിവരങ്ങളെ കുറിച്ച് മലക്കുകൾ പരസ്പരം സംസാരിക്കും അപ്പൊ അള്ളാഹു സുബാനു പല കാര്യങ്ങളും മലക്കുകളെ അറിയിക്കുന്നുണ്ട് ഭൂമി ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചില മലക്കുകൾക്ക് ചില മനുഷ്യർമാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കും ആരൊക്കെയാണ് മരിക്കുന്നത് ആരൊക്കെയാണ് ഈ വർഷം ആർക്കൊക്കെയാണ് ഇന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ അവരുടെ സദസ്സുകളിൽ ഇരുന്ന് സംസാരിക്കും ഇത് കേൾക്കുന്നതിനു ജിന്നുകൾ അവരിലെ പിശാചുക്കൾ ഷേപ്പാൻമാർ ചില സ്ഥലങ്ങളിൽ പോയി പതുങ്ങിയിരിക്കും അങ്ങനെ പതുങ്ങിയിരുന്നാൽ പലപ്പോഴും അവർക്ക് ഉൾഖകൾ കൊണ്ടുള്ള ഏറ് കിട്ടും നക്ഷത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ഭാഗങ്ങൾ കൊണ്ട് അവർക്ക് ഏറ് ലഭിക്കും അത് പൊതുവെ സംഭവിച്ചു വന്നിരുന്ന കാര്യമാണ് പക്ഷെ അലൈഹു വസ്ല്ലം അവിടുത്തെ നിയോഗമനമടുത്ത സന്ദർഭത്തിൽ അള്ളാഹു സുഹാന ആകാശ ലോകത്തിന്റെ സംരക്ഷണം ശക്തമാക്കി കൂടുതൽ ശക്തമാക്കി എന്തിനു വേണ്ടി അതിനു പിന്നിൽ വലിയ ഹിക്മത്തുണ്ടായിരുന്നു പണ്ഡിതന്മാർ പറഞ്ഞു ആകാശലോകത്ത് മലക്കുകൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ജിന്നുകൾ കേൾക്കുകയും അവരത് ഭൂമിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ ഖുർആാനും ജിന്നുകളുടെ സംസാരവും തമ്മിൽ ചെറിയ സാദൃശ്യം ആർക്കെങ്കിലും അനുഭവപ്പെടുകയും ചെയ്യുക എന്നത് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു സുഹാനു ആല ീ പറഞ്ഞ സംരക്ഷണം ശക്തമാക്കിയത് പൊതുവെ ജിന്നുകൾ അവർ കേൾക്കാൻ വന്നാൽ മലക്കുകൾ അവരെ എറിയും അത് ചെലപ്പോ കൊള്ളും എന്നാൽ നുപൂവത്തിനു തൊട്ടു മുൻപ് സംരക്ഷണം ശക്തമാക്കി ചില ഹരീദുകളിൽ കാണാം നബി സാഹുഅലമൻ നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് അംബാസി അള്ളാഹു അനഹും അദ്ദേഹം പറഞ്ഞതുപോലെ ജിന്നുകൾ അവരുടെ സ്ഥലങ്ങളിൽ പതിയിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഏറ് ശക്തമായി കിട്ടാൻ തുടങ്ങി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും കേൾക്കാൻ പോകുമ്പോഴത്തേക്ക് അവരെ എറിഞ്ഞാട്ട് ഒന്നും കേൾക്കാൻ സാധിക്കാതെ ആയപ്പോൾ അവരെല്ലാം കൂടി പോലീസിന്റെ അടുക്കൽ ചെന്നു അവൻ അവന്റെ ചില സൈന്യങ്ങളെ ഭൂമിയുടെ പല വശങ്ങളിലേക്കായി എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടി അങ്ങനെ അവർ പലയിടങ്ങളിലേക്കായി യാത്ര പോയി അതിലൊരു വിഭാഗം ആളുകൾ ാഹു അലി വസല്ലം ഒക്കാല ചന്തയിലേക്ക് ദേവത്തിനു വേണ്ടി സഹാബികളുമായി പോകുന്ന സന്ദർഭത്തെ റസൂലെ കണ്ടു അള്ളാഹുന്റെ റസൂലിന്റെ തിരിച്ചുപോയി കാര്യം പറഞ്ഞു അവർ പറഞ്ഞു ഇത് തന്നെയാണ് ആകാശലോകത്തിന്റെ സംരക്ഷണം ശക്തമാക്കാനുള്ള കാരണം പിന്നെ ബിസുലഹു അലി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് ോകത്തിന്റെ സംരക്ഷണം അള്ളാഹു ശക്തമാക്കി അതിൽ വിശുദ്ധ ഖുർആാനും നമ്മുടെ റസൂലിനും അള്ളാഹു സുഹാന പരിഗണന നൽകിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവുണ്ട് വിശുദ്ധ ഖുർആനിൽ അതിനെ കുറിച്ചുള്ള സൂചനകൾ വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഹുവികൾ പറഞ്ഞതായി ഖുർആാനിൽ പറഞ്ഞു ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇരുന്ന് കട്ടുകേൾക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും അവിടെ ഇരുന്ന് കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ അവനെ പിടികൂടാൻ ഉദ്ദേശിച്ചു വരുന്ന ഉൾക്കകൾ അവന് കണ്ടെത്താൻ സാധിക്കും ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അത് അള്ളാഹു ഹൈറാണോ ഉദ്ദേശിക്കുന്നത് ഷർറാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല ജിന്നുകൾ പറഞ്ഞ സംസാരമാണത് അപ്പൊ ജിന്നുകൾ അവർക്ക് കട്ടുകേൾക്കുക എന്നത് അള്ളാഹു സുഹാനാക്കി അത് പൂർണമായി അവർക്ക് സാധിക്കാത്ത രൂപമുണ്ടായി അതുപോലെ തന്നെ നബിസാഹു അലഹി വസ്ല്ലം അവിടത്തേക്ക് നുപൂവത്ത് ലഭിക്കുന്നതിന് മുൻപ് റസൂൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി റസൂൾ നാൽപ്പതാമത്തെ വയസ്സിലാണ് നുപൂവത്ത് ലഭിക്കുന്നത് അതിന് നാല് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ റസൂൾ അലഹു വസ്ല്ലെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി അതിൽ ഏറ്റവും പ്രകടമായ മാറ്റമായിരുന്നു റസൂൾ ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നത് ഏതാണ്ട് റസൂൾ ഉള്ളക്ക് വയസ്സുള്ള സന്ദർഭത്തിൽ അത് മുതൽ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹുഅലി വസ്ല്ലം ഒറ്റക്കിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു മക്കയിലെ പുറേശികൾ അവർ റമദാൻ മാസമായി കഴിഞ്ഞാൽ ചെയ്തിരുന്ന ഇബാദത്തുകളിൽ ഒന്നതാണ് ഒറ്റക്കിരിക്കാൻ റമദാനിൽ അവർ ചെയ്തിരുന്ന ഇബാദത്തുകൾ ഒന്നാണ് അപ്പോൾ അള്ളാഹു അലിഹി വസ്ല്ലം അവിടുത്തേക്ക് അവരുടെ ഇബാദത്തുകളിൽ നിന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലിഹുലാത്തു വസ്സലാമയുടെ ശരിയാറ്റിൽ നിന്ന് ലഭിച്ചതാണത് അബ്രാഹിം നബിയുടെ ദീനിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഒറ്റക്കിരിക്കൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിനുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒറ്റക്കിരിക്കുക വസല്ലം അവിടുത്തേക്ക് ഇങ്ങനെ ഒറ്റക്കിരിക്കുക ഇഷ്ടമായിരുന്നു ഈ അവസാന വർഷങ്ങളിൽ റസൂള്ള നാൽപ്പത് വയസ്സാകുന്നതിന് മുൻപുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെഅലി വസ്ല്ലം ഹെറ ഗുഹയിൽ പോയിരിക്കും ഹെറാ ഗുഹ മക്കയിൽ കാബയുടെ അടുത്ത് ഗുഹയാണ് ആ ഗുഹയ്ക്കൊരു പ്രത്യേകതയുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ കാബ കാണാം കാബ കാണുന്ന ദൂരത്തിലാണ് ഹെറാ ഗുഹയുള്ളത് അതുകൊണ്ട് തന്നെ ഹെറാ ഗുഹയിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് മൂന്ന് കാര്യം കിട്ടും ഒന്ന് അയാൾക്ക് ഒറ്റക്കിരിക്കുക അതൊരു ഗുഹയാണ് അതിൻ്റെ ഉള്ളിൽ ഒരാൾ വരാനില്ല രണ്ട് അവിടെ ഇരുന്നു അയാൾക്ക് കാബ കാണാം മൂന്ന് അയാൾക്ക് അള്ളാഹു സുഹാറു അയാളെക്കുള്ള ഇബാദത്തുകൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നബിസൊല്ലാഹു അലി വസ്ല്ലം ഹെറാ ഗുഹ തെരഞ്ഞെടുത്തത് കാരണം അവിടെ നോക്കിയാൽ കാബ കാണാം കബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അബാദത്ത് ചെയ്യുക എന്നത് അവിടെ എത്തിയാൽ സാധ്യമാകുന്ന കാര്യങ്ങളിലൊന്നായിരുന്നു അങ്ങനെ നബിസൊല്ലാഹു അലി ഹുസല്ലം അവിടുന്ന് കാബയിൽ ഹെറാ ഗുഹയിൽ ഒറ്റക്കിരിക്കുമായിരുന്നു അങ്ങനെ ആദ്യമാദ്യം റവാന മാസത്തിൽ മാത്രമാണ് റസോള്ളരുന്നത് അവിടത്തേക്ക് നാൽപ്പത് വയസ്സാകുന്നതിന് തൊട്ടുമുമ്പ് നബിസൊല്ലാഹു അലി ഹുസല്ലം ധാരാളമായി അങ്ങനെ ഒറ്റക്കിരിക്കാൻ തുടങ്ങി റസോൾ അള്ളാഹി വസ്സലം വീട്ടിൽ വരും എന്നിട്ട് കുറച്ചധികം ദിവസങ്ങൾ താമസിക്കാൻ വേണ്ട ആവശ്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളും കയ്യിൽ കരുതും ഹെറാഗുഹയിലേക്ക് പുറപ്പെടും എന്നിട്ട് അവിടെ പോയിരിക്കും കുറെ ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടും അങ്ങനെ ഭക്ഷണവും മറ്റു കാര്യം കഴിഞ്ഞാൽ അസോള തിരിച്ചു വരും ആദ്യം കാബയിലേക്ക് പോകും കബയിൽ പോയി അതിനുശേഷം അവിടെ നിന്ന് വിവാദത്തുകൾ ചെയ്തതിന് ശേഷം അവിടെ തവാഫ് ചെയ്തതിന് ശേഷം നബി സഹലി വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നിട്ട് വീണ്ടും ഭക്ഷണവും കാര്യങ്ങൾ തയ്യാറാക്കും വീണ്ടും ഹെറാ ഗുഹയിലേക്ക് തിരിച്ചുപോകും ഇങ്ങനെയാണ് ബിസലള്ളാഹു അലൈഹു സല്ലം അവിടുന്ന് ധാരാളം സമയം ഒറ്റക്കിരിക്കുക എന്നത് ആ സന്ദർഭത്തിൽ ഇഷ്ടമായി തുടങ്ങി അതിന് കാരണങ്ങളായി പലതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അള്ളാഹു സുഹാനഹൂലയെക്കുറിച്ചുള്ള ആലോചന എങ്ങനെയാണ് ഇതൊക്കെ പടച്ചത് ഇതൊക്കെ വെറുതെ പടച്ചതാണോ ആകാശഭൂമിയാൽ സൃഷ്ടി സൃഷ്ടിപ്പിൽ മനുഷ്യന്മാർക്കുള്ള വലിയ പാഠങ്ങളിലൊന്നാണ് അത് ഒരാൾക്ക് ഖുർആാനും ഹദീസും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പാഠം അയാൾക്ക് ആകാശഭൂമികളുടെ പടപ്പിലുണ്ട് ആകാശഭൂമികളുടെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട് എന്നിട്ട് അള്ളാഹു സുഹാന അങ്ങനെ ആലോചിക്കുന്ന ആളുകൾ അവർ പറയുന്ന വാക്കെന്താ അള്ളാഹു ഇതൊന്നും വെറുതെ പഠിച്ചതല്ലാ ചിന്തിക്കും ആകാശഭൂമികളെ കുറിച്ച് ആലോചിക്കും എന്തിനു ഇതൊക്കെ പടക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു മനുഷ്യനെ അള്ളാഹു പഠിച്ചിരിക്കുന്നത് അവിടത്തേക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അതിനെ കുറിച്ചെല്ലാം അലിഹു വസ്ലം ഒറ്റക്കിരിക്കുന്ന ആ വേളകളിൽ റസൂള്ള ആലോചിക്കുമായിരുന്നു ഈ ഹലുവത്ത് ഒറ്റക്കിരിക്കുക എന്നത് റസൂർലാഹിസാഹു അലഹി വസല്ലമക്ക് ഇഷ്ടമാക്കപ്പെട്ടു എന്നത് നുപൂവത്തിന്റെ ആമുഖങ്ങളിൽ പെട്ടതായിരുന്നു ഈ ഒറ്റക്കിരിക്കാന്നുള്ള അഭിബാദത്ത് അതിപ്പോഴുള്ള അഭിബാധ അവസാനിച്ച കാര്യമല്ല ചില ആളുകൾ റുസലത്ത് എന്നതിന് പറയാറുണ്ട് അതുപോലെ തന്നെ റമലാനിന്റെ അവസാനത്തിൽ മസ്ജിദുകളിൽ ഒറ്റക്കിരിക്കുക മസ്ജിദുകളിൽ അബാദത്തിന് വേണ്ടി മാറിയിരിക്കുക എന്നാഫ് അത് ഈ ഹൽവത്തിന് സമാനമായ കാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഹൽവത്ത് എന്ന് പറയുന്നത് മസ്ജിദിലും ചെയ്യുക എല്ലാത്തിടത്തും ചെയ്യാഫ് എന്നത് മസ്ജിദിൽ മാത്രമേ പറ്റൂ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് എവിടെയും ചെയ്യുക അതൊരു അിബാധത്താണ് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് ഒറ്റക്ക് മാറിയിരിക്കുക എന്നുള്ളത് അപ്പൊ അതൊരു അഭിബാധത്താൻ മനുഷ്യന്മാരുമായി കൂടിക്കലരുക എന്നതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് നൽകുന്ന ധാരാളം കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങൾ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് ഒറ്റക്കിരിക്കൽ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒറ്റക്കിരിക്കുക എന്നുള്ളത് ഫിത്തിനായേക്കാം അങ്ങനെ ഫിത്തിന ബയക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഒറ്റക്കിരിക്കേണ്ടതില്ല ചില ആളുകൾക്ക് ഒറ്റക്കിരുന്നാൽ അവർക്ക് ഉണ്ടാകാവുന്ന അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വലഹീങ്ങളായ കൂട്ടുകാരോടൊപ്പം ഇരിക്കലായിരിക്കും ഹയർ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ സ്വാലഹീങ്ങളായ കൂട്ടുകാരോടൊപ്പം തന്നെ ഇരിക്കാം ചില ആളുകൾക്ക് ളുകളോടൊപ്പം കൂടുന്നതിലായിരിക്കും ഫിത്രണ്ടാവുക അവർക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കലായിരിക്കും അഫ്ദൽ അപ്പൊ ആളുകൾ അവരവരുടെ കാര്യങ്ങൾ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഇബാദത്ത് ശരി നബിഹു അലി വസ്ല്ലം അവിടത്തേക്ക് നുബൂവത്തിന് തൊട്ടു മുൻപ് ഉണ്ടായ കാര്യങ്ങളിൽ ഒന്നാണിത് അതുപോലെ തന്നെ നബിസല്ലാഹ് അലി വസ്ല്ലം അവിടത്തേക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് ആറു മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കാര്യമാണ് നുബൂവത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് സത്യമാകുന്ന സ്വപ്നങ്ങൾ ആദ്യം ലഭിച്ച കാര്യം ഉറക്കത്തിൽ കാണുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു അവിടുന്ന് ഒരു സ്വപ്നവും കാണാറില്ലായിരുന്നു അത് പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നത് പോലെ പുലർന്നു കാണാതെ ഏത് സ്വപ്നം നബ്സല്ലാ വല്ല കണ്ടു കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ പുലർന്നു കാണും ഇത് വഹയിന്റെ തുടക്കങ്ങളിൽ പെട്ടതായിരുന്നു പലരും പറഞ്ഞതായി കാണും നബ്സൊല്ലാഹുഅലു വസ്ല്ലം അവിടുത്തേക്ക് വഹൈ നൽകപ്പെടുന്നതിന് മുൻപുള്ള ആമുഖങ്ങളായിരുന്നു ഇത് അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് അഫ്ലാലഹ നല്ല സ്വപ്നങ്ങൾ എന്നത് അത് നുബൂഹത്തിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സാഹുഅലം അവിടുത്തെ ഹദീസുകളിൽ റസൂള പറഞ്ഞതായി കാണാൻ സാധിക്കും അത് മാത്രമല്ല റസൂളുള്ളയുടെ വഫാദത്തിനു ശേഷം നുബൂവത്തിൽ നിന്ന് ബാക്കിയാക ബാക്കിയായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല സ്വപ്നങ്ങൾ എന്നത് അത് മുഗ്മിനീയങ്ങൾ അവസാന കാലഘട്ടത്തിൽ കൂടുതലായി കാണുമെന്ന് ഫിത്നകൾ വർദ്ധിക്കുന്ന വേളയിൽ ഒരു മ്മിൻ അവന് ഈമാനിൽ ഉറപ്പ് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുഹാന ധാരാളമായി അവന് സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും ആ സ്വപ്നങ്ങൾ അതുപോലെ അവന് പുലർന്ന് കാണാൻ സാധിക്കും ഒന്നല്ലെങ്കിൽ നേരെ അതുപോലെ തന്നെ കാണും അതല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശങ്ങൾ അവന് മനസ്സിലാകും ആ മനസ്സിലായതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ സ്വപ്നങ്ങൾ നബിസ് അലഹു വസ്ല്ലമക്ക് നുപൂവത്ത് ലഭിക്കുന്നതിന് ആറുമാസങ്ങൾക്ക് മുൻപ് അവിടുന്ന് സ്വപ്നങ്ങൾ കാണാൻ ആരംഭിച്ചു അത് കണ്ടതുപോലെ തന്നെ പുലരുക എന്നത് റസോൾ സല്ലാഹു അലി വസല്ലമക്ക് ആദ്യമാദ്യമുണ്ടായ കാര്യങ്ങളിൽ പെട്ടതാണ്